ം പതിമൂന്ന് യഹൂദ രാജാവായ അഹസ്യാവിന്റെ മകനായ യോവാഷിന്റെ ഇരുപത്തിമൂന്നാം ആണ്ടിൽ യെഹുവിന്റെ മകനായ യഹോവാഹാസ് ഇസ്രയേലിന് രാജാവായി ഷമരിയയിൽ പതിനേഴ് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രായേലിനെ പാപം ചെയ്യിച്ച നബാത്തിന്റെ മകനായ യോരോബയാമിന്റെ പാപങ്ങളെ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു ആകയാൽ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു അവനവരെ അരാം രാജാവായ ഹസായേലിന്റെ കൈയിലും ഹസായേലിന്റെ മകനായ ബൻഹദിന്റെ കൈയിലും നിരന്തരം വിട്ടുകൊടുത്തു എന്നാൽ യഹോവാഹസ് യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചു അരാം രാജാവ് ഇസ്രയേലിനെ ഞെരുക്കിയ ഞെരുക്കം യഹോവ കണ്ടിട്ട് അവന്റെ അപേക്ഷ കേട്ടു യഹോവ ഇസ്രയേലിന് ഒരു രക്ഷകനെ കൊടുത്തതുകൊണ്ട് അവർ അരാമീറുടെ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇസ്രയേൽ മക്കൾ പണ്ടത്തെപ്പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിപ്പാൻ സംഗതി വന്നു എങ്കിലും ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച യൂരോബേയാഗ്രഹത്തിന്റെ പാപങ്ങളെ അവർ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു അശേര പ്രതിഷ്ഠയ്ക്ക് ശമരിയയിൽ നീക്കം വന്നില്ല അവൻ യഹോവാഹാസിന് അമ്പത് കുതിരച്ചേവകരെയും പത്ത് രഥങ്ങളെയും പതിനായിരം കാലാളുകളെയും അല്ലാതെ മറ്റു യാതൊരു പടജനത്തെയും ശേഷിപ്പിച്ചില്ല അരാൽ രാജാവ് അവരെ നശിപ്പിച്ച് മെതിക്കളത്തിലെ പൊടിപ്പോലെ ആക്കിയിരുന്നു യഹോവാഹാസിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ പരാക്രമ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ യഹോവാഹാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവനെ ശമരിയയിൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോവാസ് അവനു പകരം രാജാവായി യഹൂദ രാജാവായ യോവാസിന്റെ മുപ്പത്തിയേഴാം ആണ്ടിൽ യഹോവാഹാസിന്റെ മകനായ യോവാസ് ഇസ്രയേലിന് രാജാവായി ശമരിയയിൽ പതിനൊന്ന് സംവത്സരം വാണു അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇസ്രയേലിനെക്കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യോരോബയാമിന്റെ സകല പാപങ്ങളെയും അവൻ വിട്ടുമാറാതെ അവയിൽ തന്നെ നടന്നു യോവാസിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാവായ യുദ്ധത്തിൽ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ യോവാസ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രാപിച്ചു യോരോബയാം സിംഹാസനം കയറി യോവാസിനെ ഷമരിയയിൽ ഇസ്രായേൽ രാജാക്കന്മാരോടുകൂടെ അടക്കം ചെയ്തു ആ കാലത്ത് യലീഷ മരണഹേതുക രോഗം പിടിച്ച് കിടന്നു അപ്പോൾ ഇസ്രയേൽ രാജാവായ യോവാശ് അവന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുഖത്തിൻമീതെ കുഞ്ഞിന് കരഞ്ഞു എന്റെ പിതാവേ എന്റെ പിതാവേ ഇസ്രയേലിന്റെ പേരും തെരാളികളുമായുള്ളവേ എന്ന് പറഞ്ഞു യലീഷ അവനോട് അമ്പുമില്ലും എടുക്ക എന്ന് പറഞ്ഞു അവൻ അമ്പും മില്ലും എടുത്തു അപ്പോൾ അവൻ ഇസ്രായേൽ രാജാവിനോട് നിന്റെ കൈ വില്ലിന്മേൽ വയ്ക്ക എന്നു പറഞ്ഞു അവൻ കൈവച്ചപ്പോൾ എലീശ തന്റെ കൈ രാജാവിന്റെ കൈമേൽ വെച്ചു കിഴക്കേ കിളിവാതിൽ തുറക്ക എന്നവൻ പറഞ്ഞു അവനത് തുറന്നപ്പോൾ എന്ന് എലീശ പറഞ്ഞു എയ്താ അവൻ അത് യഹോവയുടെ ജയാസ്ത്രം അരാമ്യർക്ക് നേരെയുള്ള ജയാസ്ത്രം തന്നെ അഫേക്കിൽ വച്ച് അരാമ്യരെ തോൽപിച്ച് അശേഷം സംഹരിക്കും എന്ന് പറഞ്ഞു അമ്പെടുക്ക എന്നവൻ പറഞ്ഞു അവൻ എടുത്തു നിലത്തടിക്ക എന്നവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു അവൻ മൂന്ന് പ്രാവശ്യം അടിച്ച് നിർത്തി അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപ്പിച്ചു നീ അഞ്ചാറ് പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു എന്നാൽ നീ അരാമ്യരെ തോൽപ്പിച്ച് ശേഷം സംഹരിക്കുമായിരുന്നു ഇപ്പോഴോ നീ അരാമിര മൂന്നു പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ ലലീശ മരിച്ചു അവർ അടക്കം ചെയ്തു പിറ്റേയാണ്ടിൽ മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് ആയാളെ ലലീഷാവിന്റെ കല്ലറയിൽ ഇട്ടു അവനതിൽ വീണു എലീഷയുടെ അസ്ഥികളെ തൊട്ടപ്പോൾ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു എന്നാൽ യഹോവാഹാസിന്റെ കാലത്തൊക്കെയും അരാമ്യരാജാവായ ഹസായേൽ ഇസ്രയേലിനെ ഞെരിക്കുന്നു യഹോവയ്ക്ക് അവരോട് കരുണയും മനസ്സലുവും തോന്നി അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നവരോടുള്ള തന്റെ നിയമം നിമിത്തം അവനവരെ കടാക്ഷിച്ചു അവരെ നശിപ്പിപ്പാൻ അവന് മനസ്സായില്ല ഇതുവരെ തന്റെ സമ്മുഖത്തുനിന്ന് അവരെ തള്ളിക്കളഞ്ഞതുമില്ല അരാം രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ അവന്റെ മകനായ ബെൻഹദദ് അവന് പകരം രാജാവായി യഹോവാഹസിന്റെ മകനായ യഹോവാഷ് തന്റെ അപ്പനായ യഹോവാഹസിനോട് അസായേൽ യുദ്ധത്തിൽ പിടിച്ചിരുന്ന പട്ടണങ്ങളെ അവന്റെ മകനായ ബെൻഹദിനോട് തിരികെ പിടിച്ചു മൂന്ന് പ്രാവശ്യം യോവാസ് അവനെ തോൽപ്പിക്കുകയും ഇസ്രയേലിന്റെ പട്ടണങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തു